പിന്നീടവൻ അവളെ വിവാഹമോചിതയാക്കിയാൽ അവൾ മറ്റൊരു ഭർത്താവിനെ വിവാഹം കഴിക്കുന്നതുവരെ അവൾ അവന് അനുവദനീയമാകില്ല പിന്നീട് അവൾ വിവാഹമോചിതയായാൽ അള്ളാഹുസുബഹാനഹുവ ത്തായാല നിശ്ചയിച്ച പരിധികൾ പാലിക്കാൻ കഴിയുമെന്നവർ കരുതുന്നുവെങ്കിൽ അവർ രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നതിൽ യാതൊരു കുറ്റവുമില്ല അറിവുള്ള ഒരു ജനതയ്ക്കു വേണ്ടി അള്ളാഹുസുബഹാനഹുവ ത്തായാല വ്യക്തമാക്കിക്കൊടുക്കുന്ന പരിധികളാണിവ